നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി നവഗ്രഹങ്ങൾ എന്ന വളരെ വിപുലമായ ഒരു സബ്ജക്റ്റ് അതിലേക്കൊന്ന് എത്തി നോക്കുകയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നവഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഗ്രഹം എന്ന വാക്കുകൊണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച ഗ്രഹമല്ല ഈ ജ്യോതിഷത്തിലും അല്ലെങ്കിൽ നമ്മളെ നിത്യജീവിതത്തിലും നമ്മളെ ആരാധിക്കുന്ന നവഗ്രഹങ്ങളെന്ന വധം കൊണ്ട് ഉദ്ദേശിക്കണം നമ്മൾ സ്കൂളിൽ പഠിച്ച ഗ്രഹം ശബരിയൂഥത്തിലെ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം മുതലായിട്ടുള്ളതാണ് സൂര്യൻ നക്ഷത്രമാണ് ചന്ദ്രൻ ഉപഗ്രഹമാണ് പക്ഷേ ഇവിടെ നമ്മൾ ഗ്രഹം എന്നുകൊണ്ട് ഭാരതീയ ശാസ്ത്രങ്ങളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഗ്രസിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുന്നത് എന്നാണ് അർത്ഥം നമ്മളിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ജീവജാലങ്ങളിൽ പ്രത്യേകിച്ച് മനുഷ്യരിൽ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മനുഷ്യരിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ശക്തികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തത്വങ്ങൾ മനുഷ്യരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന എല്ലാറ്റിനെയും ഉദ്ദേശിച്ചിട്ടാണ് ഗ്രഹം എന്ന പേര് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇപ്പം നവഗ്രഹം എന്ന് പറഞ്ഞാൽ മാത്രമല്ല അത്യാഗ്രഹം അനുഗ്രഹം നിഗ്രഹം പ്രതിഗ്രഹം ഇങ്ങനെയൊക്കെ നമ്മൾ വാക്കുകൾ ഇതിനോടുകൂടി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുന്നുണ്ട് ഗ്രഹം എന്ന വാക്ക് ചേർത്തിട്ട് അപ്പം ഗ്രഹം എന്നു പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരിക്കലും മോഡേൺ സയൻസിനെ പൂർണ്ണമായും ഈ ജ്യോതിഷമായിട്ട് ചേർത്ത് വയ്ക്കരുത് മോഡേൺ സയൻസും ജ്യോതിഷവും മോഡേൺ സയൻസില് നമ്മൾ പഠിക്കുന്ന ഗ്രഹം എന്ന വാക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഗ്രഹം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് മോഡേൺ സയൻസിനെ തെറ്റല്ല മോഡേൺ സയൻസിൻ്റെ വഴി വേറെ ഇതിൻ്റെ വഴി വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്കൂളിൽ പഠിച്ച ഗ്രഹമല്ല എന്നാണ് നമ്മളെല്ലാവരും അങ്ങനെയാണെങ്കിൽ വിചാരിക്കുക നമ്മളിൽ സ്വാധീനമുണ്ടാക്കാവുന്ന നിരവധി കാര്യങ്ങളുടെ പ്രതീകങ്ങളാണ് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെന്ന് പറഞ്ഞാൽ ഞാനോ ഇത് നിങ്ങളോ മാത്രമല്ല ഭൂമിയിലുള്ള സമസ്ത മനുഷ്യരിലും സ്വാധീനം ചെലുത്താവുന്ന ഒരുപാട് കാര്യങ്ങൾ പൊതുവായിട്ടുണ്ട് ലോകത്തിൽ പൊതുവായിട്ടുണ്ട് ഉദാഹരണം അച്ഛൻ ലോകത്തിലെല്ലാ സ്ഥലത്തും ഉള്ളതാണ് നമ്മളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തിയാണ് എന്നിൽ മാത്രമല്ല ഈ പ്രഭാഷണം കേൾക്കണ നിങ്ങളിൽ മാത്രമല്ല ലോകത്തിലെ സമസ്ത മനുഷ്യരിലും സ്വാധീനം ചെലുത്താൻ കഴിവുണ്ട് അച്ഛന് അതുപോലെ അമ്മ സഹോദരൻ സഹോദരി അമ്മാവൻ മുത്തശ്ശൻ ഒരു കുട്ടി അതുപോലെ തന്നെ പണം അതുപോലെ തന്നെ സ്നേഹം വിദ്യ ജ്ഞാനം വാക്കുകൾ ലൈംഗികത ഇങ്ങനെ മദ്യം ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് അതുപോലെ ആരോഗ്യം വൈദ്യം വിദ്യുശക്തി അഗ്നി വായു ഇതൊക്കെ എല്ലാ മനുഷ്യരിലും സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് പണം ലോകത്തിലെല്ലാ മനുഷ്യരിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വസ്തുവാണ് മദ്യം എല്ലാ മനുഷ്യരിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തിയാണ് സ്നേഹം എല്ലാ മനുഷ്യരിലും സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് വിദ്യ എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കുന്നതാണ് അതുകൊണ്ട് ലോകത്തിൽ പൊതുവായിട്ട് മനുഷ്യരെ ബാധിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ മനുഷ്യനിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന മനുഷ്യൻ്റെ ആകമത്വം ജീവിതത്തെ ബാധിക്കുന്ന പൊതുവായ കാര്യങ്ങൾ ഒരുപാടുണ്ട് അത് ലോകത്തിലെവിടെ പോയാലും ഉണ്ട് ഈ പറഞ്ഞതൊക്കെ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഉള്ളതാണ് അതുകൊണ്ട് മനുഷ്യനെ മൊത്തം ബാധിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് കാര്യങ്ങൾ ഇങ്ങനെയുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെയൊക്കെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് ആ ഗ്രൂപ്പുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഗോളങ്ങളെയാണ് നമ്മൾ ഗ്രഹം എന്ന് പറയുന്നത് ഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളീ മുകളിൽ കാണുന്ന സൂര്യൻ ചന്ദ്രൻ ഭൂമി ചൊവ്വ വ്യാഴം മാ അതല്ല ഉദ്ദേശിക്കുന്നത് അവ പ്രതീകങ്ങളാണ് എന്തിൻ്റെ പ്രതീകങ്ങളാണ് എത്രയോ കാര്യങ്ങളുടെ പ്രതീകങ്ങളാണ് ഈ ഗ്രഹങ്ങൾ എത്രയോ കാര്യങ്ങൾ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾ എല്ലാ കാര്യങ്ങളെയും ഓരോരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് ആ ഗ്രൂപ്പുകളുടെ ആധിപത്യം അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകളുടെ ഒരു ഗ്രൂപ്പുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ശക്തി എന്നാണ് ഗ്രഹത്തിന് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെ പല സ്കൂളുകളിലും യുവജനോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ക്ലാസ് ബേസിലും യുവജനോത്സവം നടത്താറുണ്ട് അല്ലാതെ ഹൗസ് ബേസിലും യുവജനോത്സവം നടത്താറുണ്ട് അപ്പോൾ ഹൈസ്കൂൾ ലെവലിലാണെങ്കിൽ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിലെ കുട്ടികൾ എട്ടാം ക്ലാസ് എന്നൊരു അഞ്ച് കുട്ടി എട്ടാം ക്ലാസ് എന്ന് ഒരഞ്ച് കുട്ടി പത്തു കുട്ടി ഒമ്പതാം ക്ലാസ് ചേരുന്ന് പത്ത് കുട്ടി പത്താം ക്ലാസ് ചേർന്ന് പത്ത് കുട്ടി അങ്ങനെ മുപ്പത് കുട്ടികളെ ഒരു ഗ്രൂപ്പായി തിരിക്കും അവർക്ക് എന്തെങ്കിലും പേരിടും ഗംഗ അത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ എട്ടിലെ അടുത്ത പത്ത് കുട്ടി ഒമ്പതിലടുത്ത പത്ത് കുട്ടി പത്തിലടുത്ത പത്ത് കുട്ടി അവരൊരു ഗ്രൂപ്പായിട്ട് തിരിക്കും അവർക്ക് ഈ യമുന പേരിടുക ആ ഒരു ഗ്രൂപ്പിനെ അങ്ങനെ മൊത്തം ഹൈസ്കൂൾ ലെവലിലുള്ള മൂന്ന് ക്ലാസ്സിലെയും കുട്ടികളെ ഇതുപോലെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് എട്ട് എട്ട് എ എട്ട് ഒമ്പത് എ ഒമ്പത് പത്ത് അങ്ങനെ തിരിച്ചിട്ട് കുറേ ഗ്രൂപ്പുകളുണ്ടാക്കിയിട്ട് ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങളൊക്കെ നടത്തുക പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് സെൻട്രൽ സ്കൂളിലൊക്കെ അങ്ങനെ കാണാറുണ്ട് അപ്പം അതുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ വിവിധ സ്വഭാവമുള്ളതും വിവിധ കഴിവുള്ളതും കഴിവില്ലാത്തതുമൊക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും ആ കുട്ടികളെ ക്ലാസ് ബേസിലല്ലാതെ കുട്ടികളെ ഇടപഴകാനും കുട്ടികൾ പരിപാടികൾ ചർച്ച ചെയ്ത് ശരിയാക്കാനൊക്കെയാണ് ഇങ്ങനെ തിരിക്കുന്നത് അപ്പോൾ അതുപോലെ അപ്പം അതിൽ വിവിധ സ്വഭാവത്തിലുള്ള വിവിധ കഴിവുകളുള്ള കുട്ടികളുണ്ടാകും അപ്പോൾ അവരൊക്കെ ഒന്നിച്ചു ചേർന്ന് അവരുടെ കഴിവുകൾ ആ ഒരൊറ്റ ബാനറിൻ്റെ പേരിൽ ഗംഗ എന്ന് പറഞ്ഞൊരു പേര് അത് ചിലപ്പോൾ വേറെ പല പേരുകളാവും കേട്ടോ ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ ചിലപ്പോൾ അത് എന്തെങ്കിലും ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളായിരിക്കാം അങ്ങനെയൊക്കെ പല പേരുകളും ഇടും അപ്പം അങ്ങനെ കുറേ ആൾക്കാരെ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ആ ഗ്രൂപ്പിനെ പൊതുവായി ഒരു പേരിടുക എന്നതുപോലെ മനുഷ്യരുടെ ജീവിതത്തിനെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന കുറേ കാര്യങ്ങളെ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ആ ഗ്രൂപ്പിനെ മൊത്തം ഒരു ഗ്രഹവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുക അതിനെയാണ് നമ്മൾ അതാണ് ശരിക്കി ഗ്രഹം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒൻപത് ബാച്ചുകളായിട്ട് തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മനഃശാസ്ത്രത്തിലെ സൈക്കോളജിയിലെ എനിയാഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ശാഖ ഉണ്ട് എനിയാഗ്രാം ആകെ ഭൂമിയിലുള്ള മനുഷ്യരെ ഓരോ ബാച്ച് ബാച്ചായിട്ട് ഒമ്പത് ബാച്ചായിട്ട് തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു കുറേ സ്വഭാവങ്ങൾ വ്യത്യവിശേഷങ്ങളുള്ള വ്യക്തികൾ പലർക്കും പല സ്വഭാവമാണല്ലോ പെണ്ണ സ്വഭാവങ്ങളുള്ള വ്യക്തികളെയൊക്കെ ഒരു ഗ്രൂപ്പ് ഇന്ന സ്വഭാവങ്ങളിലെ വ്യക്തികളൊക്കെ വേറൊരു ഗ്രൂപ്പ് അങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അവരുടെ സ്വഭാവം അനലൈസ് ചെയ്ത് അവരെ ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് നവഗ്രഹങ്ങളും പക്ഷേ എങ്ങനെയാണ് ഈ ഗ്രൂപ്പായിട്ട് തിരിച്ചത് അതാണ് സംശയം എന്ത് അടിസ്ഥാനത്തിലാണ് ഗ്രൂപ്പായിട്ട് തിരിച്ചത് ഇപ്പോൾ സൂര്യൻ അച്ഛനുമായിട്ടും രാജാവായിട്ടും ഒക്കെ സൂര്യനെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ചന്ദ്രനെ മാതാവായിട്ടും മനസ്സായിട്ടും ജലമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തുന്നതിന് വല്ല കാരണമുണ്ടോ അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അതിനെ ആലോചിച്ചാൽ പല കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് അതിലേക്കാണ് ഇനി പോണത് അപ്പം മുമ്പായിട്ട് നമ്മൾ ആരാധനാരീതികൾ എങ്ങനെ വന്നു ഭാരതീയമായ ആരാധനാരീതികൾ എങ്ങനെ വന്നു എന്നതുകൂടി ഒന്ന് അന്വേഷിക്കുന്നതന്നായിരിക്കും അതിലേക്കുള്ളൊരു ശ്രമം നടത്താൻ നാളെ മുതലേ നമസ്കാരം